ച്ചിത് കമീതി യുക്തോ മേ തശ്യൻ ശൃവൻ സ്പൃശൻ ജിഘ്രൻ അശ്നൻ ഗൻപൻ ശസൻ പ്രലപൻ വിസൃജൻ ഗൃണ്ണൻ ഉന്മിഷൻ നിമിഷന്നിന്യാണീന്ദ്രിഷ വർത്തതി ധാരയൻ ോമീതി യുക്ത സമാഹിത ചിന്തയേ തത്വവിത്ത് ആത്മന യാഥാത്മ്യം തത്വം പരമാർത്ഥദർശി പരമാർത്ഥദർശിയായിട്ടുള്ള തത്വജ്ഞാനി എല്ലാം നടക്കുമ്പോഴും സഹജമായ ബോഡിലി ആക്ഷൻസ് അതൊക്കെ നടക്കുമ്പോൾ എന്തൊക്കെ നടക്കുന്നു പശ്യന്ന് ശൃണ് സ്പൃശന് ജിറന് അശ്നൻ ഗൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസർജൻ ഉൻമിഷൻ നാച്ചുറൽ ബോഡിലിസ് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നടക്കുന്നു അദ്ദേഹം കാണുന്നു കേൾക്കുന്നു സ്പർശിക്കുന്നു മണക്കുന്നു ഭക്ഷിക്കുന്നു നടക്കുന്നു ശ്വസിക്കുന്നു ഉറങ്ങുന്നു പ്രലപനം വർത്തമാനം പറയുന്നു വിസർജനം നടത്തുന്നു സ്വീകരിക്കുന്നു കണ്ണടയ്ക്കുന്നു തുറക്കുന്നു എല്ലാം ചെയ്യുമ്പോഴും നൈവകിഞ്ചിത് കരോമി ഇതിലൊന്നും തന്നെ അദ്ദേഹത്തിന്റെ അഹന്ത ചെന്ന് മിക്സാവുന്നില്ല ഉണരണമിന്നി ഉറങ്ങണം ഭുജി ചീടണം അശനം പുണരേണമെന്നിവണ്ണം അണയും അനേക വികൽപ്പമാകയാൽ ആരുണരുവതുള്ളൊരു നിർവികാരൂപം നാരായണ ഗുരുസ്വാമിയുടെ ആത്മോപദേശ ശതകത്തിലാണ് ഉണരണം ഇനി ഉറങ്ങണം അതായത് ശരീരം അതിന്റെ പാട്ടിൽ അതിന് അതാത് സമയത്തിൽ ഉറക്കം വരുമ്പോ നിവൃത്തിയില്ലാതാവുമ്പോൾ ഉറങ്ങിപ്പോകുന്നു എഴുന്നേക്കുമ്പോൾ എഴുന്നേക്കുന്നു വിശക്കുമ്പോ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം കിട്ടിയാൽ കഴിക്കുന്നു വിസർജനാതിക്രിയകളൊക്കെ ചെയ്യുന്നു പക്ഷേ ഇതൊക്കെ ശരീരം നാച്ചുറലായിട്ട് നടത്തുമ്പോഴും അജ്ഞാനികൾ എന്ത് ചെയ്യുന്നു ഇനി ഉറങ്ങണം ഇന്ന സമയത്തിൽ ഉണരണം ഇന്നത് പ്രവർത്തിക്കണം നാളെ രാവിലെ എണീറ്റാൽ എന്ത് ചെയ്യണം ഇതല്ലേ നിരന്തരം ഇതൊക്കെ നാച്ചുറലായിട്ട് ബോഡി ചെയ്യുമ്പോഴും ബോഡിയിൽ ഒരു സെപ്പറേറ്റ് ഡുവർഷിപ്പ് ഉണരണം മിന്നി ഉറങ്ങണം ഭുജി അശനം പുണരേണം എന്നിവണ്ണം അണയും അനേക വികല്പമാകയാൽ അത് ചെയ്യണം ഇത് ചെയ്യണം അത് ചെയ്യണം എന്ന് തോന്നുന്നതിനാണ് വികല്പം ആരുണരുവതുള്ളൊരു നിർവികാരൂപം ഒരു വികാരവും കൂടാതെ നമ്മളുടെ വാസ്തവത്തിലുള്ള ഞാൻ അനുഭവം ഇതിലൊന്നും കൂടിക്കലരാതെ സാക്ഷി മാത്രമായി ഉണർവ് മാത്രമായി ഇരിക്കുന്നതിനെ ഈ പ്രവാഹത്തിൽ വീണിട്ട് ഞാൻ ഉണ്ണുന്നു ഞാൻ ഉറങ്ങുന്നു ഞാൻ പ്രവർത്തിക്കുന്നു ഞാൻ സങ്കല്പിക്കുന്നു എന്നൊക്കെ കൂടിക്കലർന്നു ഒരു അഭിമാന ഉണ്ടാക്കണത് മാറി നിന്ന് സാക്ഷിയായി നിന്നാൽ ഇതൊന്നും ബന്ധപ്പെടില്ല നമ്മൾ പ്രഹ്ലാദൻ എങ്ങനെയാണ് വരുന്നതെന്ന് ഭാഗവതം പറയണം ആസീനഹ സംബിഷന് തിഷ്ഠന് ശയാന പ്രഭിപൻ ഭ്രുവന് നാനുസന്ധത്തയേതാനി ഗോവിന്ദ പരിരംഭിത ശരീരം ഇരിക്കുകയും നടക്കുകയും ഉണ്ണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും അതൊക്കെ ഞാൻ ചെയ്യുന്നുവെന്നോ അതിനെ അനുസന്ധാനം ചെയ്യാതെ ഗോവിന്ദനെ ആലിംഗനം ചെയ്തുകൊണ്ടിരുന്നു അത് ഭാഗവതത്തിന്റെ ഭാഷയാണ് ഗോവിന്ദനെ ആലിംഗനം ചെയ്യലെന്ന് വെച്ചാൽ അന്തര്യാമിയായ ഭഗവാനെ ഭഗവാനിൽ താതാത്മ്യം പ്രാപിച്ച് മാറി നിന്നു എന്നർത്ഥം ശരീരമെല്ലാം ചെയ്യണു പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഗ്രൻ അശ്നൻ ഗച്ഛൻ സ്വപൻ ശ്വസൻ പ്രലപൻ വിസൃജൻ ഗൃഹൻ ഉന്മിഷൻ നിമിഷൻ നബി തത്വവിത്ത് എന്ത് ചെയ്യുന്നു ഇന്ദ്രിയങ്ങള് വിഷയങ്ങളിൽ പ്രവർത്തിക്കുന്നു എനിക്ക് സംഘമില്ല വളണ്ടറി ആയിട്ട് അദ്ദേഹം ഒന്നും ചെയ്യണില്ല ആളുകൾ ചിലപ്പോ എന്ത് പറയും ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അപ്പൊ നമുക്ക് എന്ത് വേണേലും ചെയ്തിട്ട് ഇന്ദ്രിയങ്ങൾ വിഷയങ്ങൾ പ്രവർത്തിക്കണമെന്ന് പറയാവോ എന്ന് ചോദിക്കും അങ്ങനെയല്ല അദ്ദേഹത്തിന് ശരീരത്തിനെ ചിന്തിക്കണേ ഇല്ല അദ്ദേഹം ഈസ് കോൺസ്റ്റന്റ് യോഗയുക്ത അതായത് ഞാൻ എന്നുള്ളത് ഉദിക്കാത്ത ആ സ്ഥിതിയിൽ നിശ്ചലമായ സത്തയിൽ സത്താചിത് സുഖരൂപമായ വസ്തുവിൽ രമിച്ചു ശരീരം എങ്ങനെയും നടക്കണം അതാണ് ഇന്നലെ പറഞ്ഞുവല്ലോ തുക്കാറാം ഇങ്ങനെ പട്ടണത്തിലൊക്കെ ചുറ്റിത്തിരിയോ അത്രേ അപ്പൊ എവിടെ പോണെന്ന് ചോദിച്ചാ വൈകുണ്ഠ എന്ന് പറയുന്നു അദ്ദേഹം വൈകുണ്ഠത്തിലേക്കാണോ പോണത് വൈകുണ്ഠം എവിടെയാൾ ഹൃദയത്തിലാണ് ശരീരമോ ശരീരം പട്ടണത്തിലൊക്കെ അലഞ്ഞു നടക്കുകയാണ് ഒരു പോക്കിടമില്ലാതെ അലയാണ് ശരീരമേ അതെന്താ അതിന്റെ പ്രാരബ്ദത്തിനനുസരിച്ച് അത് എന്തൊക്കെയോ ചെയ്യാണ് അവരതിൽ കോൺഷ്യസേ അല്ലാതെ അവര് വൈകുണ്ഠത്തിലേക്കാണ് പോണത് ഉള്ളില് ഹൃദയത്തിൽ അവിടെയാണ് ഇരിക്കുന്നത് ശരീരം ഇങ്ങനെ നമ്മുടെ ഭഗവാൻ അരുണാചലത്തിൽ ഒരിടത്ത് ഇങ്ങനെ ഉണ്ടാ ഫോട്ടോ ഒക്കെ കണ്ട് അങ്ങനെ ഇരുന്ന പോലെയൊക്കെ തോന്നും ഒന്നുമല്ല ഭഗവാൻ പറയും അരുണാചലത്തില് എന്റെ കാല് സ്പർശിക്കാത്ത ഒരു ഇഞ്ച് സ്ഥലം പോലും ഉണ്ടാവില്ല എന്നാണ് അത്രയധികം മലയിലൊക്കെ അലഞ്ഞു നടന്നിരുന്നത് ശരീരം ഇങ്ങനെ നടക്കും നടക്കുമ്പോ നിഷ്ഠയെവിടെയാ കുമ്പാട്ടം നടത്തുന്ന സ്ത്രീ തലയിൽ കുംഭം വെച്ചുകൊണ്ട് പാട്ടിനനുസരിച്ച് താളത്തിനനുസരിച്ച് മുദ്രകളൊക്കെ കാണിച്ച് നടിക്കുമ്പോഴും ശ്രദ്ധ മുഴുവൻ കുംഭത്തിൽ വെക്കുന്ന പോലെ പുങ്കാനുപുങ്ഹ വിഷയേഷണ തത്പരൂപി ബ്രഹ്മാവലോക ധിഷണാം ന ജാതി യോഗി സംഗീത താള ലയനൃത്യവശങ്കാപി മൗലിസ്ഥകുംഭ പരിരക്ഷണതീ നടിവ മൗലിസ്ഥകുംഭത്തിനെ പരിരക്ഷിക്കുന്ന നടിയെ പോലെ ശ്രദ്ധയെ ഹൃദയത്തിൽ ലഗ്നമായി വെച്ചുകൊണ്ട് തത്വവിത്തായിട്ടുള്ളവനും ഞാൻ കർത്താവാണ് ഭോക്താവാണെന്നുള്ള അഭിമാനം ഉദിക്കാതെ ശരീര വ്യവഹാരത്തിലെ സാക്ഷി മാത്രമായിട്ടിരിക്കുക ഞാനും ഇതിലെ കർമ്മയോഗിയാണ് അതായത് ഫലം എന്താ അവിടെ സംഭവിക്കണം എനിക്ക് പിടിയില്ല അതുകൊണ്ട് തവവിദ സർവര്യകരണചേറ്റാസു കർമ്മസു അകർമ്മ പശ്യത സമ്യക്ർശന തർവർമ്മസന്യാസേവ അധികാര കർമ്മ അഭാവദർശനാത് ഇങ്ങനെ ഒരു സ്റ്റേജ് ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ അയാൾ സർവകർമ്മസന്യാസിയാണ് അപ്പോഴാണ് അയാളെ സന്യാസി എന്ന് ശ്രീശങ്കരൻ പറഞ്ഞത് ശങ്കരാചാര്യർ അപ്പഴാണ് സന്യാസി എന്ന് പറഞ്ഞു ശങ്കരാചാര്യയുടെ ഭാഷയൊക്കെ നോക്കിയാൽ എനിക്ക് ചിലപ്പോ തോന്നും ശങ്കരൻ ഈ സന്യാസ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല എന്ന് തോന്നും കാരണം അദ്ദേഹം പേരൊന്നും മാറ്റിയില്ല ശങ്കരനെ വെച്ചുള്ളൂ നമ്മൾക്ക് ഇന്ന് ഡ്രാമയും നാടകവും കഥകൾ കഥകളൊക്കെ എഴുതിയത് പലതും അവരുടെ കാലം കഴിഞ്ഞ് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷമാണ് തതേവ ഉത്തമം പാരിവ്രജ്യം യുദ്ദ കമണ്ടൽവാദി വർജിതം എന്ന് ആചാര്യസ്വാമികൾ ഭാഷയത്തിലൊരിടത്ത് പറയുകയും ചെയ്തു ഉത്തമം പാരിവ്രജ്യം ദ കമണ്ഡലാതി വർജിതം ദണ്ഡം കമണ്ടലും ഒന്നുമില്ല എന്നാണ് ആ പാരിവ്രജ്യത്തിന് ബാഹ്യ ചിഹ്നങ്ങളൊന്നുമില്ല സന്യാസം ആന്തരികമാണ് എപ്പോ സർവകർമ്മ സന്യാസം അയാൾക്ക് വരുന്നു എന്ന് വെച്ചാൽ ശരീരത്തിന്റെ ഒരു ചേഷ്ടയും ഈ നോട്ട് കോൺഷ്യസ് ർശന സമ്യക് ദർശന അയാൾക്ക് സമ്യക് ദർശി എന്ന് പേര് സമ്യക് ദർശി എന്ന് വെച്ചാൽ ഹി ഹാസ് ദൈറ്റ് വിഷൻ പെർഫെക്റ്റ് വിഷൻ എന്താ പെർഫെക്റ്റ് വിഷൻ കർമ്മ അഭാവദർശിയാണ് അയാൾ ശരീരം അതിന്റെ പ്രാരബ്ദത്തിനനുസരിച്ച് ഫാൻ ഓഫ് ചെയ്താൽ പിന്നെയും ചുറ്റിക്കൊണ്ടിരിക്കും കുറെ നേരത്തേക്ക് അതുപോലെ ശരീരം എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരുന്നാലും അയാൾക്ക് ശരീരത്തിന്റെ ചേഷ്ടകൾ ആത്മാവിൽ ആരോപിക്കുന്നില്ല ൂ എന്ന് ഉദിക്കണില്ല അയാൾ കർമ്മ അഭാവദർശിയാണ് അതാണ് തസ് ഏവം തത്വവിധ സർവകാര്യ കരണചേഷ്ടുള്ളിൽ കാര്യം പുറമേക്ക് കരണങ്ങളുടെ ചേഷ്ട അതുകൊണ്ടുണ്ടാവുന്ന കർമ്മങ്ങളിലൊക്കെ തന്നെ അകർമ്മയേവ പശ്യത അയാൾ ചെയ്യുന്നതൊക്കെ അകർമ്മമാണെന്നാണ് ഇയാളുടെ കർമ്മയോഗമല്ല ഈ ജ്ഞാനം വന്നു കഴിഞ്ഞാൽ കർമ്മയോഗം എന്നുള്ളതിന് ബൗണ്ടറി ഉണ്ട് നമ്മൾ കർമ്മം ചെയ്യുന്നു എന്നുള്ള വിചാരം നമുക്കുണ്ട് എന്നിട്ട് എന്ത് ചെയ്യുന്നു കായേനവാചാ മനസേന്ദ്രിയർവാധ്യാത്മനാവാ പ്രകൃതി സമർപ്പയാ സ്പിരിച്വൽ പ്രാക്ടീസ് കർമ്മയോഗം രമണു ഭഗവാൻ പറയും വട്ടി വെച്ചിണ്ട് മൊതല വെച്ചിണ്ട് വട്ടി കൊടുക്കർ മാത്രീ ഡെപ്പോസിറ്റ് അവിടെ ഉണ്ട് ഇന്റസ്റ്റ് കൊടുക്കുകയാണ് നമ്മള് ഇന്ട്രസ്റ്റ് നമ്മള് ഉപയോഗിക്കുന്നതിന് പകരം ഇന്ട്രസ്റ്റ് ഭഗവാൻ കൊടുക്കുകയാണ് ഡെപ്പോസിറ്റ് എവിടെ ഉണ്ട് ജ്ഞാനയോഗം എന്താണ് ഡെപ്പോസിറ്റ് തന്നെ ഗവൺമെന്റ് വിഴുങ്ങിക്കളഞ്ഞാൽ പിന്നെ ഇന്ട്രസ്റ്റ് എവിടെ കൊടുക്കും അല്ലെ ഡെപ്പോസിറ്റിനെ ഒരു വിഴുങ്ങു മുഴുങ്ങിയാൽ പിന്നെ ഇന്ററസ്റ്റ് ഒന്നും കൊടുക്കാൻ ആളില്ല മുതലി മുഴങ്ങി മുഴങ്ങിനോ മുത മുതലിനടുത്ത് വിഴുങ്ങിക്കളഞ്ഞാൽ പിന്നെ പലിശ ആരും കൊടുക്കും പലിശ കൊടുക്കാൻ ഒന്നുമില്ല മുതല് തന്നെ വിഴുങ്ങിക്കളഞ്ഞാൽ എന്നുവെച്ചാൽ കർമ്മം ചെയ്യുന്ന ആള് തന്നെ അവിടെ പോയാൽ പിന്നെ ഫലത്തിനെ ത്യാഗം ചെയ്യാനോ ഭഗവാനോ കൊടുക്കാനോ ഒന്നുമില്ല അതാണ് ജ്ഞാനം കൊണ്ടുള്ള സന്യാസത്തിനും കർമ്മയോഗത്തിനും വ്യത്യാസം ഇവിടെ സന്യാസം എന്ന് ഭഗവാൻ ചോദിക്കുക അർജുനൻ ചോദിക്കുകയും ഭഗവാൻ ഉത്തരം പറയുകയും ചെയ്ത സന്യാസം ജ്ഞാനം കൊണ്ടുള്ള സന്യാസമല്ല അത് സ്പിരിച്വൽ പ്രാക്ടീസ് ആയിട്ടുള്ള സന്യാസമാണ് അല്ല ഉപേക്ഷിച്ച് വേദാന്ത വിചാരം ചെയ്ത് അവിടെ ഞാൻ കർത്താവാണ് ഭോക്താവാണോ അജ്ഞാനമൊക്കെ നിക്കണുണ്ട് അതിനെയാണോ ഭഗവാൻ പറഞ്ഞ അതിനേക്കാളും നല്ലത് കർമ്മയോഗമാണ് കർമ്മയോഗം അവസാനം എവിടെ കൊണ്ട് ശരീരത്തിന്റെ പിടിയിൽ നിന്ന് വിമുക്തമായി ഇപ്പൊ പറഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ ഒന്നും ചെയ്യണില്ല ദേഹം എന്നിലില്ല ഞാൻ ദേഹമല്ല ഈ സ്റ്റേജിലേക്ക് വരണമെങ്കിൽ കർമ്മയോഗം കൊണ്ട് പവിത്രമായി ശരീരം നമുക്ക് ഇത്തിരി ലൈസൻസൊക്കെ തരണം പാസ്പോർട്ട് വിസയൊക്കെ തന്നാലേ അങ്ങോട്ട് പോവാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പാസ്പോർട്ട് വിസയൊന്നും ഇല്ലാതെ കയറാൻ പറ്റുമോ പ്ലെയിനില് ഫോറിൻ കൺട്രീസിലേക്ക് പോകാൻ പറ്റില്ലല്ലോ എവിടെയെങ്കിലും കള്ളത്തരം ചെയ്ത് പോയാൽ പിന്നെയും പിടിച്ചുകൊണ്ട് വരും അല്ലേ അതുപോലെ നമ്മൾക്ക് അങ്ങോട്ട് പോവാൻ പറ്റില്ല പാസ്പോർട്ട് വിസ ഇല്ലാതെ പോവാൻ പറ്റില്ല അപ്പൊ നമ്മളുടെ ശരീരം പാസ്പോർട്ടും വിസയും ഒക്കെ തരണമെങ്കിൽ യോഗയുക്ത വിശുദ്ധാത്മാ വിചിതാത്മാ ജിതേന്ദ്രിയ സർവഭൂതാത്മ അത ഇരിക്കട്ടെ യോഗയുക്തനായി തരണം ആക്ഷൻസ് കർമ്മത്തിൽ വളരെ ജാഗ്രതയായിരിക്കണം നമ്മളുടെ ഫീൽഡിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ളത് കർമ്മമാണ് കർമ്മം ചെയ്യുമ്പോ നമ്മൾ ഇനിമേലാൽ ജാഗ്രതയായിരിക്കണം എങ്ങനെ കർമ്മം ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾക്ക് ചെയ്യേണ്ട ധർമ്മത്തിനെ ചെയ്യണം അതിനെ ഭഗവത് അർപ്പണ അർപ്പണമായിട്ട് ചെയ്യണം ധർമ്മം നമ്മൾക്ക് എന്ത് ചെയ്യാനുണ്ടോ കുടുംബത്തിനോ കുട്ടികൾക്കോ അതിലൊക്കെ സെൽഫ്ലെസ് ആയിട്ട് അത് ചെയ്തേ ഇരിക്കണം അത് നമുക്ക് ഫ്രീഡം കിട്ടുള്ളൂ ഏതോ പൂർവകർമ്മം കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ബന്ധം ഉണ്ടായിരിക്കുന്നത് അതൊക്കെ ചെയ്യണം പക്ഷെ അതൊന്നൊന്നും പ്രതീക്ഷിക്കാൻ പാടില്ല പുതിയതായിട്ട് വളണ്ടറി ആയിട്ടുള്ള ആക്ഷൻസിന്റെ ചെയിൻസ് പുതിയതായിട്ടൊന്നും തുടങ്ങി വെക്കരുത് പുതിയ ഏടാകുടത്തിലൊന്നും പോയി ചാടരുത് ഉള്ളതിനെ ഭംഗിയായിട്ട് തീർക്കണം സഹജമായി നിങ്ങൾക്ക് നിസ്വാർത്ഥമായി പ്രവർത്തിക്കാൻ എന്തെങ്കിലുമൊക്കെ സന്ദർഭം കിട്ടിയാൽ അവിടെ പോയി നിങ്ങൾക്ക് വേണ്ടി അല്ലാതെ എന്ത് കർമ്മം വേണമെങ്കിലും ചെയ്തു കൊടുക്കാം അപ്പത് പൂജയായിട്ട് ആരാധനയായിട്ട് തീരും അതിൽ പോയി കുടുങ്ങാൻ പാടില്ല ബന്ധമൊന്നും വരുത്താൻ പാടില്ല സ്വതന്ത്രമായി നിന്നുകൊണ്ട് എത്ര വേണമെങ്കിൽ പ്രവർത്തിച്ച് വേണമെങ്കിലും നല്ല നന്മ ഉണ്ടാവുന്ന രീതിയിൽ അവർക്ക് ഹിതം ചെയ്യുന്ന രീതിയിലൊക്കെ ചെയ്തു കൊടുക്കാം അങ്ങനെയൊക്കെ ചെയ്തു കഴിയുമ്പോൾ പതുക്കെ പതുക്കെ അകമേയുള്ള ഈ ചിജ്ജട ഗ്രന്ഥി ശരീരത്തിലെ നാടീ നരമ്പുകളൊക്കെ ശുദ്ധമായി ദേഹത്തിൽ നിന്നും പിടിവിട്ടുവരും അങ്ങനെ ആവുമ്പോഴാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഭഗവാൻ പറഞ്ഞത് നൈവ കിഞ്ചിത് കരോമി ഞാനൊന്നും ചെയ്യണില്ല കാണുന്നു കേൾക്കുന്നു മണക്കുന്നു വ്യവഹരിക്കുന്നു എല്ലാം ചെയ്യുമ്പോഴും ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ വ്യവഹരിക്കുന്നു എനിക്ക് സംബന്ധമില്ല ഞാൻ സാക്ഷി മാത്രമാണ് എന്ന് ഉണർവില് നിഷ്ഠനായിട്ടുള്ള ജാനിക്ക് കർമ്മ അഭാവദർശിയാണ് രണ്ടാമത്തെ മൂന്നാമത്തെ അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു കർമ്മണി അകർമ്മണിച്ച കർമ്മയാ നിരന്തരം പ്രവർത്തിക്കുമ്പോഴും അദ്ദേഹം ഇൻസ്റ്റിൽനസ് ഉള്ളില് നിശ്ചലമായ കേന്ദ്രത്തിലിരിക്കുകയാണ് ഒന്നും ചെയ്യണില്ല നത്തിപ്പനിങ് ശരീരം പ്രവർത്തിക്കുന്നു മനസ്സ് ലോകത്തിന് വേണ്ടി എന്തു വേണേ ചിന്തിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴും അതിനു പുറകിൽ സംഗീതത്തിൽ രാഗം താളും ഒക്കെ മാറി വരുമ്പോഴും മാറാതെ നിൽക്കുന്ന ശ്രുതി പോലെ പുറകെ ഒരു ഒരു സമ്പർക്കം കൊണ്ടും ദൂഷിക്കാത്തതായ ഒരു സ്രോതസ്സിനെ ഉണർവിനെ കുറിച്ച് അയാൾ നിരന്തരം ബോധവാനാണ് ശരീരം ചെയ്യുന്ന കർമ്മങ്ങൾ മനസ്സ് ചെയ്യുന്ന കർമ്മങ്ങൾ ആ സ്രോതസ് വിഛിന്നമാവുന്നില്ല അപ്പൊ ഇയാള് ചെയ്യുന്ന പ്രവർത്തികളൊക്കെ തന്നെ ആ സ്രോതസ്സിലർപ്പിതമാണ് അതാണ് അടുത്ത ശ്ലോകം നോക്കാം ബ്രഹ്മണ്ണി സംഗം തോതിയതേന സാപേന പദ്മപത്രമിവാംഭസ ഇവിടെ പറയണത് തത്വവിത്തിൻ്റെ കാര്യമല്ല തത്വവിത്തിനെ കുറിച്ച് ഭഗവാൻ പറഞ്ഞു യസ്തു പുനഃ അതത്വവി പ്രവൃത്ത കർമ്മയോഗെ കർമ്മയോഗത്തിൽ പ്രവർത്തിക്കുന്ന തത്വം അറിഞ്ഞിട്ടില്ലേ അയാൾ തത്വനിഷ്ഠനല്ല അങ്ങനെയുള്ള ആൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന് വെച്ചാൽ ബ്രഹ്മണി ഈശ്വരേ നിക്ഷിപ്പദായ തഥർത്ഥം കർമ്മകരോമി ഞാൻ ചെയ്യണു എന്നുള്ള ഭാവമുണ്ട് പക്ഷെ ഈ ശരീരം ചെയ്യുന്നതൊക്കെ എന്തിനാ ഭഗവാൻ വേണ്ടിയിട്ടാണ് ഭഗവാൻ സന്തോഷിക്കട്ടെ ഏയാഷ്ഠതി അധോക്ഷജാ ഭഗവാൻ സന്തോഷിക്കട്ടെ ഭഗവാന്റെ കയ്യിൽ ഞാൻ യന്ത്രം മാത്രമാണ് ഭഗവാൻ എൻ്റെ യന്ത്രീയാണ് ഭഗവാൻ നിയന്ത്രിക്കുന്ന പോലെ ഞാൻ പ്രവ പ്രവർത്തിക്കുന്നു ഭഗവാൻ ചിന്തിക്കിന്തിപ്പിക്കുന്ന പോലെ ഉള്ളിൽ ചിന്തിക്കുന്നു ഭഗവാനാണ് എൻ്റെ കൺട്രോളർ ഞാൻ വെറും രഥമാണ് ഭഗവാൻ രഥിയാണ് ഭഗവാന്റെ കയ്യിൽ ഒരു കൊച്ചുകുട്ടി മാത്രമാണ് ഞാൻ എന്നൊക്കെ ഭഗവാന്റെ അടുത്ത് തന്നെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് കർമാണി കരോതി ബ്രഹ്മണി ആദായ കർമാണി കരോതി ബ്രഹ്മത്തിൽ കർമ്മത്തിനെയൊക്കെ സമർപ്പിച്ചിട്ട് ചെയ്യാണ് അങ്ങനെയുള്ള ആള് ലിപ്യത നസപാപേന് പാപം കൊണ്ട് അയാള് കളങ്കപ്പെടില്ല പാപമെന്ന് വെച്ചാൽ എന്താ കർത്തൃത്വ ബുദ്ധി തന്നെ പാപം വീണ്ടും വീണ്ടും നമ്മൾക്ക് പുതിയ ചെയിൻസ് തുടങ്ങി വെക്കുന്നതാണ് പാപം എന്ന് പറയുന്നത് സർവകർമാ നസപാപേന സമ്പദ്തേ പത്മപത്രം ഇവ കേവലം സത്വശുദ്ധി മാത്രമേവ ഫലം തസ്യ തത്വകർമ്മ സാത്ത് തത്കർമ്മ സാത്ത് ഇങ്ങനെ കർമ്മം ചെയ്യുന്നത് കൊണ്ട് അയാൾ താമര ഇലയില് കിടക്കുന്ന വെള്ളം എങ്ങനെ തൊടാതിരിക്കുന്നുവോ അതുപോലെ പാപം അയാളെ സ്പർശിക്കില്ല ഫലാശപത്രം അതേപോലെ സത്വശുദ്ധി നമ്മൾ മുമ്പ് പറഞ്ഞ പോലെ സത്വശുദ്ധി അതിന് ഫലമുണ്ടാവും ക്രമേണ അയാൾക്ക് ഉള്ളില് തത്വം തെളിഞ്ഞുവരും അയാൾക്ക് ഈ സമർപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് മനസ്സിലാവും ഇനി ഈശ്വരന് വേണ്ടിയാണ് ചെയ്യണത് എന്നൊന്നും പറയേണ്ട ആവശ്യമില്ല ഉള്ളിൽ ഈശ്വരൻ അഥവാ അന്തര്യാമിയേ ഉള്ളൂ ഞാൻ എന്നുള്ള അഹങ്കാരം വാസ്തവത്തിൽ സത്യമല്ലെന്നും നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമായ ഒരു സത്ത മാത്രമേ ഉള്ളൂ എന്നും അതാണ് ഉണ്മയായിട്ടുള്ള സത്യമെന്നും തത്വത്തിനെ അകമയെ കാണുമ്പോ ആ സത്തയെ ഈ അഹങ്കാരത്തിന്റെ ചലനമോ മനസ്സിന്റെ ചലനമോ ശരീരത്തിന്റെ കർമ്മങ്ങളോ ഒന്നും സ്പർശിക്കണില്ലെന്നും സ്ക്രീനിൽ എന്തൊക്കെ സിനിമ കാണിച്ചാലും സിനിമയൊന്നും സ്ക്രീനിനെ തൊടില്ലല്ലോ സിനിമയില് തീ പിടിച്ചാലും സിനിമയിൽ മഴ പെയ്താലും സിനിമയിൽ യുദ്ധം നടന്നാലും സിനിമയിൽ കല്യാണം കഴിഞ്ഞാലും സ്ക്രീനിനെ തൊടാത്ത പോലെ ഈ നിശ്ചലമായ അധിഷ്ഠാനത്തിന് ശരീരത്തിന്റെ പ്രവർത്തികളോ മനസ്സിന്റെ ചാഞ്ചല്യമോ ബുദ്ധിയുടെ കാലുഷ്യമോ അഹങ്കാരത്തിന്റെ ഉദയാസ്തമനങ്ങളോ ഒന്നും തന്നെ ആ അധിഷ്ഠാനത്തിന് അല്പം പോലും തൊടുന്നില്ലെന്ന് തത്വവിത്തായിട്ടുള്ളവൻ അകമേ തത്വത്തിനെ കാണുന്നു അവൻ സമ്യക് അവൻ ജീവൻ അവൻ ഗുണാതീതനാണ് അവൻ സ്ഥിതപ്രജ്ഞനാണ് അവന് യാതൊന്നും ബന്ധിക്കില്ല നൈവകിഞ്ചിത് കരോമീതിയുക്തവും അന്യേതത്വവി പശ്യൻ ശൃണ്വൻ സ്പൃശൻ ജിഗ്രൻ അയാൾക്ക് ഇനി പ്രത്യേകിച്ച് ധ്യാനം ഒന്നും വേണ്ട പ്രത്യേകിച്ച് മെഡിറ്റേഷൻ സാധനമൊന്നും വേണ്ട അദ്ദേഹത്തിന് അദ്ദേഹം തൻ്റെ ധർമ്മം ശരീരം കൊണ്ടു ഇപ്പൊ കൃഷ്ണൻ പ്രവർത്തിച്ചില്ലേ കൃഷ്ണൻ നിത്യനിരന്തരം പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു ശ്രീശങ്കരാചാര്യർ നിത്യനിരന്തരം പ്രവൃത്തിയിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു എന്നിട്ടും ഞാനൊന്നും ചെയ്യുന്നില്ല എന്നാണ് അസംഗോഹം അസംഗോഹം അസംഗോഹം പുനഃ പുനഃ സച്ചിദാനന്ദോഹം അഹമേവാഹമവ്യയ എനിക്ക് ഒന്നിനോടും സംഘമില്ല ഒന്നിനോടും സംഗമില്ല ഒന്നും എന്നെ സംഘപ്പെടുത്തില്ല എന്നുള്ള ഉണർവോടുകൂടി അവര് നിരന്തരം ലോകമംഗളത്തിനു വേണ്ടി പ്രവർത്തിച്ചു ഇന്ദ്രിയങ്ങൾ വിഷയങ്ങളിൽ വ്യവഹരിക്കുന്നു എന്നല്ലാതെ അവരുടെ തത്വജ്ഞാനം നഷ്ടപ്പെടുന്നില്ല ഭഗവത് അനുഭവം നഷ്ടപ്പെടുന്നില്ല സ്വാത്മസുഖം നഷ്ടപ്പെടുന്നില്ല അങ്ങനെയുള്ളതാണ് ലക്ഷ്യസ്ഥാനം ഗീതയുടെ ലക്ഷ്യ പുരുഷൻ ഈ തത്വവിത്താണ് തത്വജ്ഞാനം ഉണ്ടാവാനുള്ള മാർഗമാണ് കർമ്മയോഗം എന്ന് പറയുന്നത് കർമ്മയോഗം കൊണ്ട് ചിത്തം ശുദ്ധമാവും ശുദ്ധമായ ചിത്തത്തിന് ആത്മതത്വം പ്രകാശിക്കും എല്ലാ സാധനയും ചിത്രശുദ്ധിക്കാണ് അപ്പൊ നമ്മള് ഓർമ്മ വെക്കേണ്ടത് എന്താ കർമ്മയോഗമാണ് മോസ്റ്റ് സിമ്പിൾ കർമ്മയോഗത്തിന് ഭക്തി കൂടാതെ കഴിയില്ല ഭഗവത് ആശ്രയം കൂടാതെ സാധിക്കില്ല എന്തിന് കർമ്മയോഗിയാവണം ഭഗവത് ആരാധനയാണ് എന്റെ കർമ്മമൊക്കെ ഭഗവത് ആരാധനയാണ് അതിന് ഈ ഭാഗവതധർമ്മത്തിലെ വഴി എന്താന്ന് വെച്ചാൽ നിരന്തരം ഭഗവാന്റെ നാമത്തിനെ സ്മരിച്ചു കൊണ്ടിരിക്കൂ ശരീരം പ്രവർത്തിക്കട്ടെയോ ഒക്കെ ചെയ്യുമ്പോഴും ആ സ്മരണം നിർത്തിക്കൊണ്ടേയിരിക്കൂ നാമസ്മരണം ചെയ്തുകൊണ്ടേയിരിക്കൂ എന്ന് ഭാഗവത സമ്പ്രദായം നാമസ്മരണം ചെയ്തു കൊണ്ടേയിരിക്കൂ അപ്പൊ കർമ്മങ്ങളൊക്കെ ഭഗവാന് പോയി ചേരട്ടെ ഊണ് കഴിക്കുമ്പോഴും നാമസ്മരണം ചെയ്തു കൊണ്ടിരിക്കൂ ഉറങ്ങാൻ പോകുമ്പോഴും നാമസ്മരണം ചെയ്തുകൊണ്ട് ഉറങ്ങൂ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തുടങ്ങിക്കോളൂ വ്യവഹാരം ചെയ്യുമ്പോഴൊക്കെ ആ നാമസ്മരണ ഉണ്ടായിക്കൊണ്ടേയിരിക്കട്ടെ അങ്ങനെ നാമസ്മരണ ഉണ്ടായിക്കൊണ്ടേയിരുന്നാൽ കർമ്മങ്ങളും ഇതുമൊക്കെ പതുക്കെ പതുക്കെ പതുക്കെ അങ്ങടെ അർപ്പിതമായിട്ട് തീർന്നുകൊള്ളും ഇതാണ് സാധാരണ ആളുകൾക്ക് ഭാഗവതധർമ്മ വിഹിതമായിട്ടുള്ള അനുഷ്ഠാനം പ്രത്യേകിച്ച് നിങ്ങളൊന്നും ചെയ്യണ്ട എന്നാണ് ഭാഗവതന്മാര് പറയണത് നിങ്ങൾ നിരന്തരം നാമത്തിനെ ഉള്ളിൽ സ്മരിച്ചുകൊള്ളുക ചെയ്യുന്ന കർമ്മങ്ങളെയൊക്കെ നാരായണൻ അങ്ങടെ അർപ്പിക്കുക പ്രത്യേക ചില അനുഷ്ഠാനമൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ അതിലൊരു അഭിമാനമൊക്കെ വരും അതുകൊണ്ടാണ് ഭാഗവത സമ്പ്രദായത്തിൽ പ്രത്യേക അനുഷ്ഠാനത്തിനൊക്കെ എടുത്തു കളഞ്ഞത് ശരീരത്തിന് നാച്ചുറലായി എന്തൊക്കെ ചേഷ്ട ഉണ്ടോ അതൊക്കെ ശരീരം ചെയ്യട്ടെ നിങ്ങൾ ചെയ്യേണ്ടത് കോൺസ്റ്റന്റ് റിമംബറൻസ് അവിഛിന്നമായ ഒരു സ്മരണത്തിനെ ഉള്ളിൽ നിർത്തിക്കൊള്ളുക അല്ലാതെ ഇന്ന സമയത്ത് തിരി പ്രാണായാമം ചെയ്ത അനുഷ്ഠാനം അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ലൗകികനാണെന്ന് പറയുമ്പോൾ ആ സമയത്ത് കർത്തൃത്വവും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ ലൗകിക നിഷിദ്ധ കർമ്മവാസനയും ഒക്കെ വന്നുകൂടാനുണ്ട് അതിനു പകരം പൂർണമായി ശരീരത്തിനെ ഭഗവാൻ അർപ്പിച്ചേത് നിരന്തര ഒരു സ്മരണത്തിനെ ഉള്ളിൽ വെച്ചുകൊണ്ടിരിക്കുക മറ ഒറ്റയടിക്ക് മറന്നുകളാണ് ഇനി മേലാൽ അവിസ്മരണം നസ്മര്യതാം വാന്തവസ്തു സ്മരണവിഷയഭൂതം കൽപ്യതേ കുത്സനായ ആചാര്യസ്വാമികൾ കുറച്ച് ശക്തമായ ഭാഷയിൽ വിവേക ചൂടാമണിയിൽ പറഞ്ഞു ഛർദിച്ചു കളഞ്ഞതിനെ പിന്നെയും ഓർക്കുവോ അരോചകമായിട്ടിരിക്കില്ലേ നസ്മര്യതാം വാന്തവസ്തു സ്മരണവിഷയഭൂതം കൽപ്പത്തെ കുത്സനായ അതിനങ്ങ അതുകൊണ്ട് അങ്ങോട്ട് മറന്നു കളയാ എന്നുവെച്ചാൽ ശരീരത്തിനെ എങ്ങനെ മറക്കാം ശരീരം അതിന്റെ റെഗുലറായിട്ട് എന്തൊക്കെ പശ്യൻ ചിൺമൻ സ്പൃശൻ ജിഗ്രൻ അശ്വൻ ഗച്ഛൻ സ്വതൻ ശ്വസൻ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അതിന്റെ റെഗുലർ റോട്ടീൻ ഇങ്ങനെ തുടങ്ങട്ടെ ചെയ്യട്ടെ നമ്മൾ എന്ത് ചെയ്യണു നിരന്തര നാമസ്മരണം നാമജപവും ആത്മവിചാരവും ഒന്നും വലിയ വ്യത്യാസമൊന്നുമില്ല ഒക്കെ നമ്മൾ പ്രാക്ടീസ് വരുമ്പോ മനസ്സിലാവും കാര്യമൊക്കെ ഒന്ന് തന്നെ എളുപ്പമെന്നുള്ളതിന് ഭാഗവത ധർമ്മത്തിൽ പറഞ്ഞു നാമം ചപിക്കൂ നിരന്തരം നാമം ചപിക്കൂ ഭാഗവതക്കാരെ ചെയ്തതും അതാണ് സെപ്പറേറ്റ് ആയിട്ടൊന്നും ചെയ്യേണ്ടെന്നാണ് നിങ്ങളൊക്കെ നിങ്ങളുടെ റെഗുലർ കാര്യമൊക്കെ ചെയ്തുകൊള്ളൂ സെപ്പറേറ്റായിട്ട് വലതും ചെയ്തിട്ട് അതിലൊരു അഭിമാനം വരുന്നതിനേക്കാളും നിങ്ങളുടെ സാധാരണ ചേഷ്ടകളിൽ ഭഗവനാമ ജപത്തിനെ കൂടെ ചേർത്തുകൊള്ളൂ അതിൽ വലിയ അഭിമാനമൊന്നും വരാൻ വഴിയില്ല അതിനെ അങ്ങോട്ട് കൂടെ ചേർത്തുകൊള്ളു അഭിമാനത്തിനെ വിട്ടുകൊള്ളു ശരീരം അതിന്റെ പാട്ടില് ലോക കർമ്മങ്ങൾ കാര്യങ്ങളൊക്കെ ചെയ്യട്ടെ നാമസ്മരണ ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ അല്ലെങ്കിൽ നിരന്തര ആത്മവിചാരം ഉണ്ടായിക്കൊണ്ടിരിക്കട്ടെ എല്ലാ ശരീരം പ്രവർത്തിക്കുമ്പോഴും ഈ പ്രവർത്തിക്കുന്ന ആൾ ആരാണെന്നുള്ള ഓർമ്മ വിട്ടുകളയാതിരിക്ക ആര് പ്രവർത്തിക്കുന്നു ഞാൻ ഞാൻ ആര് ഞാൻ എന്താണ് അഭിമാനം ഉദിക്കുന്ന ആ ഹൃദയസ്ഥാനത്തിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക കർമ്മങ്ങളൊക്കെ ചെയ്യുന്നത് ഞാൻ ആരാണ് ഊണ് കഴിക്കാനിരിക്കുമ്പോ കുറച്ചു നേരത്തേക്ക് ഒന്ന് ശ്രദ്ധിക്കായിൽ ഊണ് ഇടുന്നു ഇത് പോയി എന്ത് സംഭവിക്കണോ ഒന്നും അറിയില്ല ഈ കൈ ഇവിടെ നിന്ന് ഇങ്ങനെ എങ്ങനെ ഉയരണോന്ന് എനിക്കറിയില്ല ഇതിന്റെ കൺട്രോൾ എന്റെ കയ്യിലില്ല ചിലപ്പോ ഉയർത്താൻ കഴിയാതാവാം ഭക്ഷണം ഉള്ളിൽ പോകുന്നു ജീർണിക്കുന്നു പല പ്രക്രിയകളും ഉള്ളിൽ സംഭവിക്കുന്നു ഇതൊന്നും എന്റെ കണ്ട്രോളിലല്ല അപ്പോ അഹം വൈശ്വാന രൂപൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്തോ പച്ചാമ്യന്നം ചതുർഭിത്തം ആ ശ്ലോകത്തിനെ ഓർമ്മിച്ചുകൊണ്ട് ഊണ് കഴിക്കുക ഡൈജഷനും ഞാനല്ല നടത്തുന്നത് ഉള്ളിലുള്ള നാരായണനാണ് ഉറങ്ങാൻ പോകുമ്പോൾ കിടന്നു കഴിയുമ്പോ ചിന്തിക്ക ഉറക്കം എങ്ങനെ വരണമെന്ന് എനിക്ക് അറിയില്ല ഈ ഉറക്കം എന്ന് പറയുന്ന പ്രക്രിയ തന്നെ എന്താണെന്ന് എനിക്ക് അറിയില്ല എന്തോ ഒന്ന് സംഭവിക്കണു ഒക്കെ മറന്നുപോകുന്നു പക്ഷെ അജ്ഞാനം കൊണ്ട് രാവിലെ എണീറ്റിട്ട് ഞാൻ ഉറങ്ങി എന്ന് പറയുകയാണ് ഞാനൊന്നുമല്ല ഉറങ്ങി ഉറക്കം സംഭവിച്ചതാണ് അതിൻ്റെ കൺട്രോൾ എൻ്റെ കയ്യിലില്ല ഇങ്ങനെ ഓരോ പ്രോസസ്സിനെയും ചിന്തിച്ചു കഴിയുമ്പോ മനസ്സിലാവും ശരീരം ഞാനല്ല ശരീരം എന്റെ ശരീരത്തിന് ഞാനല്ല കൺട്രോൾ ചെയ്യണത് ശരീരം ഏതോ ഒരു സൂപ്പർ ഇന്റലിജൻസ് കൊണ്ട് കൺട്രോൾ ചെയ്യപ്പെട്ട് ഇവിടെ പ്രവർത്തിച്ചു അതിൻ്റെ ഉള്ളിൽ അജ്ഞാനം കൊണ്ടൊരു ഞാൻ എന്നുള്ള അഹങ്കാരം കടന്നിട്ട് ഞാൻ ഉണ്ണുന്നു ഞാൻ ഉറങ്ങുന്നു ഞാൻ പ്രവർത്തിക്കുന്നു ഞാൻ വ്യവഹരിക്കുന്നു എന്റെ ശരീരം ഞാൻ ഊണ് കഴിച്ചു എനിക്ക് ജീർണിച്ചു എനിക്ക് ജീർണിച്ചില്ല എന്നൊക്കെ പറയാണ് ഇത് നല്ലവണ്ണം ശ്രദ്ധിക്കുമ്പോ ദേഹം ഞാനല്ലെന്നും ദേഹം എൻ്റെ ദേഹം എനിക്ക് വേണ്ടിയുള്ളതല്ലെന്നും അത് നേച്ചറില് സർവേശ്വരൻ്റെ അല്ലെങ്കിൽ അന്തര്യാമിയുടെ ഒരു മാനിഫെസ്റ്റേഷൻ ഒരു പ്രെക്യൂലിയർ മാനിഫെസ്റ്റേഷൻ ആണ് ഈ ദേഹമായിട്ട് നിൽക്കണതെന്നു ഒക്കെ മനസ്സിലായി കഴിയുമ്പോ ദേഹം തന്നെ ഒരു ദിവ്യവസ്തുവായിട്ട് തീരും ഒരു അവതാരമായിട്ട് തീരും ോ പറയണോ അല്ലെ ഇങ്ങനെയൊക്കെ അനുസന്ധാനം ചെയ്യുന്നു ഇപ്പൊ നമ്മൾ ഇപ്പൊ അനുസന്ധാനം ചെയ്യണമല്ലേ ഇതാണ് പ്രയോജനം ഇപ്പൊ ഇരിക്കുമ്പോൾ നിങ്ങൾ കൾക്കുണ്ടല്ലോ അത് തന്നെ അത് നിങ്ങൾ മറന്നു പോയാൽ പോയിക്കോളൂ പുറത്തു കഴിഞ്ഞ് പോയാൽ പോട്ടെ ഇത്രയും നേരം ചെയ്തല്ലോ ഇതിന്റെ സംസ്കാരം ഉള്ള കിടക്കും എവിടെയും പോവില്ല എപ്പോഴെങ്കിലുമൊക്കെ വീണ്ടും പൊട്ടിമുളയ്ക്കും വിചാരം ചെയ്യിപ്പിക്കും നഷ്ടമായി പോവില്ല എല്ലാവരും പറയണ്ടേ കേട്ട് കഴിഞ്ഞു കുറച്ചു കഴിഞ്ഞോ ഒക്കെ പോകണമെന്ന് അത് പോകുന്നത് വെറുതെ പൂർവ്വ സ്വഭാവം നമ്മളെ വന്ന് തള്ളിക്കൊണ്ട് പോണതാണ് പക്ഷെ ഈ കേട്ടത് ഉള്ളിൽ കിടക്കണുണ്ട് അത് മറ്റു മറ്റൊരു സമയത്തിൽ പൊന്തി വരും ഒന്നും പോകൂല ഇങ്ങനെ പോവും എവിടെ പോവും ഒന്നും പോവില്ല ഉള്ളിൽ കിടക്കും പക്ഷെ പൂർവ്വ സ്വഭാവം പിന്നെയും ഇവിടുന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും രക്ഷിക്കാൻ തുടങ്ങും ഭക്ഷണം ഉണ്ടാക്കണം കഴിക്കണം ഉറങ്ങണം അതൊക്കെ വരും അതുകൊണ്ട് ഇത് പോയി എന്നർത്ഥല്ല അതൊക്കെ ശരീരത്തിന്റെ ചേഷ്ടക്ക് വേണ്ടി തൽക്കാല ഉപയോഗത്തിന് വേണ്ടിയുള്ള ചിന്തകളാണ് ആ ചിന്തകളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ ഒരു ചിലപ്പോൾ ഈ സത്സംഗം കഴിഞ്ഞ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ജീവിത അനുഭവം ഉണ്ടാകുമ്പോൾ ഇത് പ്രബലമായിട്ട് പൊന്തി അപ്പോഴൊക്കെ ആയിരിക്കും ഇത് ഉള്ളിൽ കിടപ്പുണ്ട് എന്ന് നമ്മൾ അറിയണത് അത് നമ്മളെ വന്ന് പിടിക്കണവരെ അത് ഉള്ളിൽ കിടക്കും അർജുനന് പോലും അങ്ങനെയാണ് ഭഗവത് അതാണല്ലോ ഗീതയൊക്കെ കേട്ടിട്ട് തൽക്കാലത്തേക്കൊക്കെ മറന്നുപോയി അർജുനൻ എന്നിട്ട് പിന്നെ കൃഷ്ണൻ ശരീരത്യാഗത്തിന് ശേഷമാണ് ഗീതം ഭഗവതാ ജ്ഞാനം സംഗ്രാമൂർധനി കാലകർമ്മ തമോരുദ്ധം പുനരധ്യഗമത് പ്രഭുഹു എന്നു ഉള്ളിൽ വീണ്ടും പൊന്തി വരുന്നത് അപ്പൊ അതുപോലെ പ്രകാശിക്കേണ്ട സമയമാവുമ്പോ പ്രകാശിക്കും നാളെ രാവിലെ വീണ്ടും കാണാം സത്യം ജ്ഞാനമനന്തം നിത്യ ശം പരമാകക്ഷണരിഗണലോലമ പരമായാസം മായാക്കൽ മനാരം ഭുവനം ഥമ പ്രണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദ പരമാനന്ദം ഭജ പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം മൃത്സ്നത്സിഹേതിയശോദ താടനശൈശവസരാസം വ്യധിതക്ലോകലോകാലോകുർദോകളി ലോക ത്രയപുരമൂല സ്തം ലോകലോകമനോക്കം ലോകേശം പരമേശം ണമത ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ത്രൈവിഷ്ടപരിപുരം ക്ഷിതിഭാരഘ്നംഘ്നം കൈവലം നവനീതനുവനാഹാരം വൈമലയസ്ഫുടേതോ വൃ വിശേഷാഭാസം അനഭാസം ശൈവം കെയലശാത്ത പ്രണമത ഗോവിന്ദം പരമാനന്ദോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദം ഗോവിന്ദം പരമാനന്ദം ഭജ ഗോവിന്ദം പരമാനന്ദ േദിദ്ധാത്തഗോചരം തമഗോ ഗോവിന്ദം പരമാനന്ദം സദ്ഗുരും പ്രണതസ്മ്യഹം യത്മാവസി മേവ തോന്നും മമ കിഞ്ചിസ്തിയ തേഷ്ടം കൂരുമാത്മനം രമണ Parvati Pataye Hara Hara Mahadeva